ുള്ളതുമായി കലർന്നു നിൽക്കും നിലവലുതായൊരു നീതികേടിവാങ് മനോ ഗോചരമിതി ലിങ്ങുചരിച്ചിടും പ്രമാണം വിപുലതയാർന്ന വിനോദവിദ്യമായ വ്യവഹിതയായി വിലസുന്ന വിശ്വവീര്യം ഇവളവളിങ് അവതീർണയായിടും തന്ന അവയവം അണ്ടകടാഹകൂടിയാകും അണുവും അഖണ്ഡവും അസ്ഥിനാസ്തി എന്നിങ്ങനെ വിലസുന്നിരുഭാഗമായി രണ്ടും അണയുമനന്തരം അസ്ഥിനാസ്തി എന്നീ അനുഭവവും നിലയറ്റുനിന്നു പോകും അണു അറിവിൻ മഹിമാവിൽ അംഗമില്ലാതണയും അഖണ്ഡവും അന്നുപൂർണമാകും അനുഭവിയാതറി മൗനഘനാമൃതാബ്ധിയാകും ഇതുവരെ നാം ഒരു വസ്തുവിങ്ങറിഞ്ഞീല അതിസുഖമെന്നനിശും കഥിക്കയാലേ മതിമുതലായവ മാറിയാലും ആത്മസ്വതയഴിയാതറിവെന്നു ചൊല്ലിടേണം അറിവഹമെന്നതു രണ്ടുമേകമാം ആവരണമൊഴിഞ്ഞവന് അന്യനുണ്ടുവാദും അറിവിനെ വിട്ടഹമന്യമാകുമെന്നാൽ അറിവിനയിങ്ങറിയാനുമാരുമില്ല അതുമിതുമല്ലസതർത്തമല്ലഹം സച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസതി പ്രതിപത്തിയറ്റ സത്വമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം ആദ്യത്തെ ദിവസം തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞു അനുസ്യൂതം ഓരോ ശ്ലോകങ്ങളിലും നിൽക്കണ ഒരു സ്ഥായിയായ ഒരു രസമുണ്ട് ഒരു ഭാവം എന്താന്ന് വെച്ചാൽ നിങ്ങളിപ്പത്തന്നെ അതാണ് നിങ്ങളിപ്പ തന്നെ അതാണ് നിങ്ങളിപ്പ തന്നെ അതാണ് എന്നുള്ളതാണ് അതറിയുന്നില്ല എന്നുള്ളത് വേറെ ഒരു വശം ആ അറിയുന്നില്ല എന്നുള്ളതിൽ നിന്നും തമസോമാ ജ്യോതിർഗമയാം असतोम सदगमय मृत्युर्म अमृत गमयिप श्रद्धा प्रधान श्रद्धय अलग तेल भागवत स्कंधम भागवत कैट् परीक्षित तेज कृष्ण कथ परू ए दशमस्कंध ശ്രീശുഖന്റെ ഒരു ചോദ്യം എന്നുവെച്ചാൽ ഏത് കൃഷ്ണൻ്റെ കഥയാണ് പറയേണ്ടത് എന്ന് ചോദിക്കണ പോലെ അതിന് പരീക്ഷിത് ഉത്തരം പറയണ പോലെ പരീക്ഷിത് കൃഷ്ണൻ എന്നുള്ളതിന് വ്യാഖ്യാനം കൊടുത്തുകൊണ്ടേ പോവാണ് ആദ്യം പറഞ്ഞു ഞങ്ങളുടെ യാദവംശത്തിൽ ജനിച്ചതായ ഭഗവാന്റെ കഥ പറയൂ എന്നാണ് പറഞ്ഞത് അപ്പോ ശ്രീശുഖൻ പിന്നീം മൗനവുമായിട്ട് കാത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ പറഞ്ഞു ഞങ്ങളുടെ മുത്തച്ഛന്മാരൊക്കെ കൗരവ സൈന്യ സാഗരം ഈ കൗരവ സൈന്യ ഏതു ഭഗവാനെ മുൻപിൽ വെച്ചുകൊണ്ടാണോ തരണം ചെയ്തത് ആ കൃഷ്ണൻ്റെ കഥ പറയൂ എന്ന് പറഞ്ഞു അപ്പോഴും ഉണ്ടാതിരിക്കുക അപ്പൊ പറഞ്ഞു ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഗർഭത്തിൽ കിടക്കുമ്പോ ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടം ഇതം മതംഗം സന്താന ബീജം കുരുപാണ്ഡവാനാം ജുഗോപകുക്ഷിംഗത ആത്തചക്രഹം മാതുശമേയ ശരണം ഗതാഹം എൻ്റെ അമ്മ ശരണാഗതി ചെയ്തപ്പോ ഗർഭത്തിൽ എനിക്ക് ദർശനം തന്നെ എന്നെ രക്ഷിച്ച കൃഷ്ണന്റെ കഥ പറയോ അപ്പോഴും പിണ്ടിയില്ല അപ്പോഴാണ് പരീക്ഷത്ത് പറഞ്ഞത് एनको इंद वीरिया तस्खिलजा अंतर्बिपूरूपै प्रय्छत मृत्यु उत अमृत वधस्व विवन आवतरी लील चयत आया मनुष्य प्रपंच्य कवलचिवस्त ഇത് രണ്ടും ഭഗവാന്റെ രൂപം തന്നെയാണ് കാണുന്ന പ്രപഞ്ചമും അവൻ തന്നെയാണ് പ്രപഞ്ചത്തിനെ കാണുന്നവനും അവൻ തന്നെയാണ് അന്തർ ബഹി പൂരുഷ കാലരൂപൈഹി ഉള്ളില് പുരുഷനായിട്ടും പുറമേക്ക് കാലമായിട്ടും എന്നാപ്പോ പുറമേ നോക്കിയാൽ പോരെ എന്തിനാകമേ നോക്കണത് എന്ന് വെച്ചാൽ പ്രയച്ചതോ മൃത്യും ഉത അമൃതമുച്ച് പുറമേക്ക് നോക്കിയാൽ മൃത്യുവാണ് അവന്റെ സ്വഭാവം അമൃതം ചെയ്വ മൃത്യുശ്ചെ എന്ന് ഗീത പുറമേക്ക് മൃത്യു അവൻ്റെ സ്വഭാവമാണ് അകമയ്ക്ക് അമൃതം അവൻ്റെ സ്വരൂപമാണ് പുറമേക്ക് നോക്കുന്നിടത്തോളം മൃത്യുണ്ട് അകമയ്ക്ക് തിരിഞ്ഞാൽ അമൃതാനുഭവമുണ്ട് ഇതാണ് ഗുരുദേവൻ ആത്മോപദേശതകത്തിൽ വിഷമയെന്നും സമയെന്നും സമയെന്നും അന്യെന്നും വിദ്യയെന്നും അവിദ്യയെന്നും ഒക്കെ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 അത് ജഡശക്തിയായിട്ട് മാറും അതിനെ നമ്മൾ മനസ്സെന്ന് വിളിക്കും ഗളിതാ സഹസ്രനാമത്തില് നാമം ചിത് ശക്തി ചേതനാരൂപ ജഡശശക്തി ഹി ജഡാത്മിക ഒരേ ശക്തി തന്നെയാണ് അവിദ്യ അവിദ്യാസ്വരൂപിണി ആ ശക്തി അകമേക്ക് തിരിയുമ്പോൾ ചിത് ശക്തിയായി തീരുകയും പുറമേക്ക് തിരിയുമ്പോൾ ജഡശക്തിയായി തീരുകയും രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിച്ചു മനസ്സെന്താണ് ആത്മാവ് എന്താണ് ഭഗവാന്റെ ഉത്തരങ്ങളൊക്കെ സ്പോൺറ്റേനിയസായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വരുമ്പോൾ അത്യത്ഭുതമായിട്ടിരിക്കും മഹർഷി പറഞ്ഞ ഉത്തരം സെൽഫ് എക്സ്ട്രോവേർട്ട് മൈൻഡ് മൈൻഡ് ഇൻട്രോവേർട്ട് ഇവിടെ ഒരേ വസ്തു തന്നെ അങ്ങട് തിരിഞ്ഞാൽ മന പുറമേക്ക് തിരിഞ്ഞാൽ മനസ്സാവും അകമേ തിരിഞ്ഞ് അടങ്ങിയാൽ ബോധം ചൈതന്യമാവും എങ്ങട് തിരിയണോ എവിടെ നോക്കണോന്നുള്ളത് ആശ്രയിച്ചിരിക്കുന്നു സത്യദർശികളുടെ ദർശനമൊക്കെ ഒരേ പോലെയാണ് നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം ജനനീ നവരത്നമഞ്ചരി ഒക്കെ ആദ്യം കാണുമ്പോ എന്തൊരു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 രാജസർപ്പം എന്ന് പറഞ്ഞു അത്രേ രാജസർപ്പം എന്ന് വെച്ചാൽ അതങ്ങൂതിയാ മതി എന്നാണ് മഹർഷി പറഞ്ഞു കുഞ്ചുസ്വാമിയാണ് എന്നോട് പറഞ്ഞത് ഇതെന്തോ ഒരു പതിനഞ്ചു പതിനാറ് വയസ്സ് ഉള്ളപ്പോ ഇങ്ങനെ കാണുമ്പോ ചിലപ്പോ ചിലതൊക്കെ ചോദിക്കും സ്വാമി ഇങ്ങനെ പറയും ഭഗവാൻ പറഞ്ഞു അത്രേ പൂർണ്ണ അദ്ദേഹത്തിന് നിയതി ചിലതൊക്കെ ചെയ്യേണ്ടത് ലോകത്തിലുള്ളത് കൊണ്ട് അദ്ദേഹം അങ്ങനെ ആരും അറിയാതെ ഇരിക്കണു പൂർണ്ണ പുരുഷനാണെന്ന് ആ വാക്ക് പറഞ്ഞത് പൂർണ്ണ പുരുഷനാണ് പൂർണതയെ അറിയാനൊക്കോ മഹാപുരുഷന്മാരെ വാഴ്ത്താനല്ല അവരിവിടെ വരണത് സ്വാമി രാമതീർത്ഥൻ വളരെ ധീരതയോട് പറയുന്ന ഒരു വാക്കുണ്ട് ഡു നോട്ട് സെൽ യുവർ ലിബേർട്ടി ടു ബുദ്ധ ക്രൈസ്റ്റ് ഓർ കൃഷ്ണ They came, all the prophets came to make you free. Do not enslave yourself to them. Mahaburushan Marukko <clears> Varinatha, Avar and the sathya varanyuva, A sathya namalilum pragashikyan aytana. Adu pragashikyan kaanum behe, Avar and Santoshikyo ullu. അവരെ ആരാധിക്കണത് കൊണ്ട് അവര് സന്തോഷിക്കില്ല അവരെ പൂജിക്കണത് കൊണ്ട് അവർ സന്തോഷിക്കില്ല എന്നാൽ പൂജിക്കേണ്ടോ ആരാധിക്കേണ്ടന്നോ അല്ല അതൊക്കെ നമ്മളുടെ ഒരു ഭക്തിയെ ആദരവിനെ കാണിക്കാൻ നമുക്കൊരു സുഖമുണ്ട് ഭക്തി ചെയ്യുമ്പോൾ അത് കാര്യം വേറെ പക്ഷെ അവിടെ അത് കൊണ്ട് അവർ സന്തോഷിക്കില്ല അവരേതൊരു സത്യം അറിഞ്ഞുവോ ഏതൊരു അമൃതം കുടിച്ചുവോ ആ അമൃതം നമ്മളും नुगर् सोषा आमृत ओर श्लोक निरचान नमुक्पतक स्वयं अनुभूति मंडल वन पर यह वाक श्रीवलचार्य सदाय प्रस्थान चतुष्टयम पर സാധാരണ പ്രസ്ഥാനത്രയം എന്നാണ് ബ്രഹ്മസൂത്രം ഭഗവത്ഗീത ഉപനിഷത്ത് പ്രസ്ഥാന ചതുഷ്ടയം എന്ന് പറയവർ എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മസൂത്രം അതായത് കൃഷ്ണസ്യാക്യ വേദവാക്യാഷ് വാക്യാ വ്യാസ്യ വചനാ സമാധി ഭാഷ കൃഷ്ണവാക്യം ഗീത വ്യാസവചനം സൂത്രം ബ്രഹ്മസൂത്രങ്ങൾ വിവേദവചനം ഉപനിഷത്തുകൾ പിന്നെ സമാധി ഭാഷ എന്നാണ് ഭാഗവതത്തിന് പറഞ്ഞതാണ് സമാധിഭാഷ എന്നാണ് എൻ്റെ വാക്കുകളൊക്കെ സമാധിന അനുസ്മര തദ്വിചേഷ്ടിതം എന്നാണ് വ്യാസന ഇൻസ്ട്രക്ഷൻ തന്നെ സമാധിഭാഷ എന്നാണ് മനോമണ്ഡലത്തിൽ നിന്നും എഴുതിയതല്ല മനോമണ്ഡലത്തിൽ നിന്നും ചിന്തിച്ച് വിചാരം ചെയ്തൊക്കെ എഴുതിയതല്ല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 ആ വാക്ക് ലൗകികമായിട്ട് തീരും ഋഷിവചനം മനോമണ്ഡലത്തെന്ന് വരണതല്ല രമണ മഹർഷിയുടെ അടുത്ത് ഒരാള് ചോദിച്ചു ഞാനിക്ക് മനസ്സിലെന്ന് പറയണു ഞങ്ങൾ ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം അത്രയും പൂർണ്ണമായി പെർഫെക്റ്റ് ആയിട്ട് എവിടുന്ന ഉത്തരം വരണോ മഹർഷി പറഞ്ഞു ദ സോസ് ഫ്രം വേർ ദ ക്വസ്റ്റിൻസ ഫ്രം ദ സെയിം സോഴ്സ് ദ ആൻസർ ഓൾസോ കംസ് ഏത് മൂലത്തിൽ നിന്നാണോ ഈ ചോദ്യം ഉദിക്കുന്നത് അവിടെ തന്നെയാണോ ഉത്തരവുമുള്ളത് അത് ഈ ശരീരത്തുനിന്ന് വരണമത്രേ ഉള്ളൂ ഇവിടെ ഇന്നലെ നമ്മൾ പറഞ്ഞു അഹം എന്ന അനുഭവം ജഡത്തിൻ്റെ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 अनुभ रूप प्रकाशिक अरोम वाक इमीडियट एक्सपीरियंस इो इवे ते अव या अुभव अट्ठा या अव रकाशमात्र रैतन्यकाश थानू ഞാൻ നീ അവൻ എന്നുള്ളതൊക്കെ തോന്നണത് ഇതിനൊക്കെ സോർസ് ഇതിനൊക്കെ അധിഷ്ഠാനമായിട്ടുള്ള സ്വയം പ്രകാശം ഗീതയില് ജ്യോതി എന്ന് ഭഗവാൻ പറയുന്നു ജ്യോതിഷ പരമുച്ചത്തെ തമസ്പരമുച്ചതേ എന്ന് വെച്ചാൽ നമ്മളുടെ ബാഹ്യപ്രകാശം അല്ലാന്നർത്ഥം ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യവിഷ്ഠിതം എല്ലാവരുടെയും ഹൃദയത്തിൽ अहम अहम अव अहमस्मी अनुभ रूप ऐत प्रकाशिको अ श्रुति प्रोक्त ऋषिका अनुभ की पेट आह्म अम्व श्रद्धय അതിനെ നേരെ തിരിച്ചുവിടണം അതിനെ ഭജിച്ചിടേണം എന്ന് പറഞ്ഞു അതിനെ ഭജിക്കണം എന്നാണ് മതി അതിൽ നിന്നും മാറാതെ അതിനെ ഭജിക്കണം എന്നും നമുക്കിപ്പോ അകമേ തിരിഞ്ഞാൽ മനസ്സാണ് അറിയണത് ചിത്തവൃത്തികൾ ചിന്തകള് പക്ഷെ ഈ ചിന്തകൾ ചിത്തവൃത്തികൾ എവിടെ ഉദിക്കണോ എവിടെയാണ് ഈ ചിത്തവൃത്തികൾ ഇങ്ങനെ അനുസ്യൂതം തുടർന്നു വരുന്നത് ഒരു ചിത്തവൃത്തിക്കും അടുത്ത ചിത്തവൃത്തിക്കും നടുവിലുള്ള വിടവിൽ എന്തുണ്ട് കൃഷ്ണനെ ചിന്തിച്ചു എന്നിട്ട് അടുത്തതായി നാരായണ പറഞ്ഞു और चिवृत्ति सड़ चित इन रूम नीतवृत्ति सीतवृत्ति तुंग वृंदावनी गोस्वामी पाड़ी सब वृत्तिपक्षण स्वरूप ൂപ് എന്നാണ് ഓരോ വൃത്തിയും ഗോപികയാണത്ര ഒരു ചിത്തവൃത്തി ഒരു ചിത്തവൃത്തിയും അതിന്റെ നടുവില് ബീച്ചുമേ നടുവില് വിടവില് ജ്വലകത്ത് ജലകത്ത് ജ്വലിക്കുന്നു എന്താ ജ്വലിക്കണത് ശ്രദ്ധിക്കണില്ലാ നമ്മള് ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പഴും അതുണ്ട്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 തൻ്റേതാക്കിക്കൊണ്ടുള്ള മനസ്സിൻ്റെ മൂവ്മെൻ്റ് ചലനം മനസ്സ് എപ്പോഴും ചലിക്കുന്നത് ഒരേ രൂപത്തിലാണ് ശ്രദ്ധിച്ചാൽ കാണാം എന്തോ ആയിത്തീരാനുള്ള വ്യഗ്രതയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത് ആവണം ആവണം ആവണം ഇപ്പം സത്സംഗത്തിലിരുന്നാലും ആവണം ഞാൻ ഞാനി ആവണം എനിക്ക് ആത്മാവിനെ അറിയണം എനിക്കിത് മനസ്സിലാവണം ഇപ്പോൾ ഉള്ളതിനെക്കാളും എന്തോ ഒന്ന് അങ്ങടയ്ക്ക് ചലിക്കണം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 അന്നാദിയിൽ പ്രിയമുയർന്നൊക്കെ പറഞ്ഞത് അത് ഉദിച്ചതും മനസ്സുദിച്ചതും മനസ് ഉദിക്കണത് എങ്ങനെയാ ഞാൻ നീ അവൻ ഇതാണ് മനസ്സ് ഞാൻ എന്റെ മുമ്പിലുള്ള നീ എനിക്കറിയാതെ പടർന്ന് കിടക്കുന്നവൻ തമിഴില് തന്മൈ മുൻ നില പടർക്കൈ പറയും തന്മയി ഞാനാണ് മുൻ നില നിൽക്കുന്ന ആളാണ് പടർക്കൈന്ന് പിന്നെ അവിടെയൊക്കെ ഉള്ള ആളുകളാണ് പ്രഥമ പുരുഷൻ മധ്യമ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 ജീവിതം മുഴുവൻ മഹർഷി ഉപയോഗിച്ച മാർഗം പലപ്പോഴും ചിലർ ചോദ്യം ചോദിച്ചാൽ ഉത്തരം കൊടുക്കുന്നതിന് പകരം ചോദ്യം ചോദിക്കുന്ന ആളാരാ ചോദിക്കും ഡൗട്ട് ഡൗട്ട് പിന്നെ ഡൗട്ട് ഒന്നും ചോദിക്കാൻ പറ്റില്ല ചോദ്യം ചോദിച്ചു ചോദിക്കണ ചോദ്യം ചോദിക്കുന്ന ആൾ ആരാ ഞാനാണ് ചോദിക്കുന്നത് ഈ ഞാനാരാ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 ഈ ഞാൻ ആരാണ് ചോദിക്കുന്ന ആൾ ആരാന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് പറയാൻ ഇയാൾക്ക് സാധിക്കില്ല ആ സന്നിധിയിൽ ഈ ഞാൻ എന്താ ഞാൻ എന്ന് പറയുന്നത് എന്താ ഞാൻ ഞാൻ എന്ന് പറഞ്ഞല്ലോ എന്താ ഈ അനുഭവം ഉണ്ടാവണ ഉണ്ടാവുക എന്ന് പറയുന്നത് പരോക്ഷ ബോധനമാണ് പലപ്പോഴും ഉണ്ടാവുന്നത് അപരോക്ഷാനുഭവമാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് സത്യത്തിനെ കാണിച്ചു തന്ന് നമ്മളെ ആ സ്ഥിതിയിൽ ഇരുത്തലാണ് ഒരു ഗുരുവിന്റെ ദേശികൻ്റെ ജോലി അതാണ് പറഞ്ഞത് പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിയിടയണം ഈ പിറപ്പൊഴിഞ്ഞു വാഴുക എന്ന് പറഞ്ഞാൽ പിറപ്പ് എന്ന് പറയുന്നത് അഹങ്കാരത്തിൻ്റെ ഉള്ളിലുള്ള സത്യത്തിന് മരണവുമില്ല പുറപ്പുമില്ല അത് നിത്യ നിരന്തരം വസ്തുവാണ് ഈ പിറപ്പ് എന്നൊക്കെ പറയണത് ഒഴിയെന്ന് പറഞ്ഞാൽ ജ്ഞാനദാർഢ്യ ഉണ്ടായ ആൾക്കറിയാം ഈ അഹങ്കാരത്തിന്റെ പിറപ്പ് തൻ്റെ പിറപ്പല്ല ഈ അഹങ്കാരം ഒതുക്കി അസ്തമിക്കുകയൊക്കെ അനാദി ലീല എത്രയെന്നാണ് ഇതൊക്കെ ഒരു ലീലയാണ് ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കും ഏകോഹം ബഹുശ്യാം എന്ന് ആ സത്യം തന്നെ തീരുമാനിച്ച് കളിക്കണതാണ് ഇതൊന്നും തന്നെ അധിഷ്ഠാനത്തിൽ ഒരു മാറ്റവും വരാതെ നടക്കുന്ന ഒരു ലീല മാത്രാണ് ശ്രദ്ധ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 എന്റെ ഇഷ്ടപ്പെട്ടവരൊക്കെ മരിച്ചു പോയല്ലോ ഞാനിങ്ങനെ സംസാരിയാണെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അകമേ പുറമേ നിന്നും തട്ടി വിളിച്ചിട്ട് ചോദിക്കാം നീ ആരാ നീ ഈ വിദർഭദുഹിതയോ പുരഞ്ജനനോ ഒന്നുമല്ല നനക്കും എനിക്കും യാതോ ഭേദമില്ല ഞാനും നീയും ത്വമേവാഹം വിചക്ഷഭോഹോ നനൗ പശ്യന്തി കവയ ഛിദ്രം ജാതു അനാഗപി തനിക്കും എനിക്കും ഒരു അല്പഛിദ്രം ഒരു ചെറിയ സ്പേസ് പോലും അറിവുള്ളവർ കാണുന്നില്ല നമ്മൾ രണ്ടും ഒന്നാണ് ഇത് പറയാനാണ് ഗുരുവേ അല്ലാതെ ഗുരു നീ ശിഷ്യനാണ് ഞാൻ ഗുരുവാണെന്ന് പറയാനല്ല എപ്പോ ശ്രീശങ്കരൻ ഗോവിന്ദ ഭഗവത് നീ ആരാണെന്ന് ചോദിച്ചപ്പോ ഞാൻ അങ്ങയുടെ ശിഷ്യനാണെന്ന് പറഞ്ഞില്ല ന ശാസ്ത്രം ന ശാസ്ത ന ശിഷ്യോ ന ശിക്ഷ നചത്വം ന ചാഹം ന ചായം പ്രപഞ്ച സ്വരൂപാവബോധാ വികൽപ്പസഹിഷ്ണു തോവശിഷ്ട ശിവ കേത്തിനെ ഇരുത്തിപ്പൊറപ്പിക്കാത്തതായ അറിവാണ് ഞാൻ എന്നാണ് അവിടെ ശാസ്താവെന്നും എന്നും ശാസ്ത്രമെന്നും ഗുരുവെന്നും ശിഷ്യനെന്നും പ്രപഞ്ചമെന്നും പ്രപഞ്ചത്തിനെ കാണുന്നവനെന്നും ഒരു ഭേദമില്ല ചിദാനന്ദം മാത്രമേ ഉള്ളൂ ഒരു ശിവം മാത്രമേ ഉള്ളൂ ആ ശിവമേ ഉള്ളൂ അതിൽ ഞാൻ നീ ഒന്നുമില്ല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 ഒക്കെ പറഞ്ഞു വളരെ സിമ്പിൾ ആയി എന്നാണ് എന്നാപ്പൊ സത്യം കിട്ടിയോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല എന്തൊക്കെയോ പറഞ്ഞു നമ്മൾക്ക് ഇപ്പോ വീട്ടിന്റെ മുമ്പിൽ ഇരുന്ന് വെടി പറയുന്നതിന് പകരം അവിടെ വെടി പറഞ്ഞു അപ്പോ മനസ്സിലായി എന്നാണ് അങ്ങനെയൊക്കെ നമ്മൾ ഈ മനസ്സിലാവുന്നതിന് വളരെ പ്രാധാന്യം കൊടുക്കുകയാണ് കൊറേ മനസ്സിലായി കഴിഞ്ഞിട്ട് നോക്കും കുറെ മനസ്സിലായി മനസ്സിലായി ഒക്കെ മനസ്സിലായി എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോ എവിടെ തുടങ്ങും അവിടെ തന്നെ നിക്കണു ഇതാണ് മനസ്സുണ്ടാക്കുന്ന ഭ്രമം മനസ്സിലായി മനസ്സിലാവുകയൊക്കെ ചെയ്തു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 ഉദ്ധവര് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ഒന്നുകൂടെ മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു എന്താന്ന് വെച്ചാൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തതിന് കാരണം പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കണം അതിനു പകരം യാതൊരു ചോദ്യത്തിനോട് യാതൊരു ബന്ധമില്ലാത്തൊരു പ്രകരണം തുടങ്ങിയിട്ട് സയേഷ ജീവോ വിവരപ്രസൂതിഹി പ്രാണേന ഘോഷേണ ഗുഹം പ്രവിഷ്ട എന്ന് പറഞ്ഞൊരു പ്രകരണം തുടങ്ങാണ് വളരെ ആശ്ചര്യമാണത് അതായത് എനിക്ക് മനസ്സിലായില്ല എന്ന് ഉദ്ധര് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞത് ഈ മനസ്സിലായില്ല എന്ന് പറയുന്ന ആളുണ്ടല്ലോ അയാള് നീയല്ല അയാള് ഒരു സുഷിരത്തിൽ നിന്നും പൊന്തി വന്നിട്ട് വിവരപ്രസൂതിഹീന്ന് നമ്മൾ മലയാളത്തിൽ വിവരം എന്ന് പറഞ്ഞ ബുദ്ധിന്നാണ് വിവരം എന്ന് വച്ചാ ദ്വാരം ഹൃദയത്തിലൊരു സുഷിരം ഹൃദയ സുഷിരം ദിവസം ഉറക്കത്തിൽ ആ സുഷിരത്തിൽ പോയി ലയിക്കുന്നു കൽപ്പന വേദത്തിലും അങ്ങനെയുണ്ട് നാരായണ സൂക്തത്തിലൊക്കെ പറയണു ഒരു സുഷിരമുണ്ട് ആ സുഷിരത്തിനകത്ത് എല്ലാം അടങ്ങിക്കിടക്കണു ആ സുഷിരത്തിൽ നിന്ന് എല്ലാം ഉദിക്കണു എന്നാണ് ഈ സുഷിരത്തിൽ നിന്ന് ആദ്യം പിറക്കുന്നവൻ ആരാ യേശീവ ഈ ജീവൻ ഞാൻ എന്ന് പറഞ്ഞ് ഉദിച്ചു നമുക്കിതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഉറക്കത്തിനെ വെച്ചുകൊണ്ട് നോക്കണം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആദ്യം ഉദിക്കണത് ഞാൻ പ്രതീതിയാണ് പിന്നെയാണ് ലോകം മറ്റുള്ളവരും ഒക്കെ വരണത് എന്നിട്ടാണ് പറയണത് എനിക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല വേദാന്ത സമ്പ്രദായത്തിലൊരു കഥയുണ്ട് ഒരു ശിഷ്യൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലാവണില്ല ഗുരു പറഞ്ഞു സാരല്ല എന്നു ശിഷ്യൻ പറഞ്ഞു അല്ല അങ്ങനെ എനിക്ക് മനസ്സിലാക്കിപ്പിച്ച് തരണം അപ്പൊ ഗുരു പറഞ്ഞു ഞാൻ സന്ദർഭം പോലെ മനസ്സിലാക്കിപ്പിച്ച് തരാം എന്ന് പറഞ്ഞേ വർത്തമാനം പറഞ്ഞു വർത്തമാനം പറഞ്ഞു വർത്തമാനം പറഞ്ഞു ശിഷ്യൻ ഇങ്ങനെ ഉറക്കം വന്നു ഉറക്കം വന്നു ഉറക്കം വന്നു ഉറക്കം എന്ന് പന്ത്രണ്ട് ഒരു മണി വരെ ഇരുത്തി എന്നിട്ട് പോയി കിടക്കാൻ പറഞ്ഞു ഇയാള് വളരെ ക്ഷീണിച്ചു പോയി നല്ലവണ്ണം അങ്ങോട്ട് ഉറങ്ങി ഉറങ്ങിയപ്പോ ഉറക്കത്തിലേക്ക് അങ്ങോട്ട് വീണുന്ന് കണ്ടപ്പോ എഴുന്നേപ്പിച്ചു എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു ഇപ്പൊ പറഞ്ഞുതരാം ഇരിക്കുവോന്നു അയ്യോ വേണ്ട എനിക്ക് അറിയണ്ട എനിക്ക് അതൊന്നും മനസ്സിലാവണ്ടെന്നു എന്താ പറ്റിയെന്ന് വെച്ചാൽ മനസ്സിലാവണതൊന്നും ഇവിടെ തുച്ഛമാണ് അതിസുഖം എന്നനിശം കഥിക്കയാലേ ഒരു സുഖം ഒരു പരമസുഖം അവിടെ ഉണ്ട് അതിനോട് സം ഉപമിക്കുമ്പോ ഈ ക്ലാരിറ്റി അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ തുച്ഛമായിട്ട് പോവുകയാണ് ബ്രെയിനിന്റെയും മനസ്സിൻ്റെയും പ്രവൃത്തികളൊക്കെ ഇനി എഴുന്നേൽപ്പിക്കാൻ താൻ തയ്യാറല്ല അവിടെ ഞാനില്ല നീ ഇല്ല ഒന്നുമില്ല എഴുന്നേറ്റാൽ ഇതൊക്കെ വന്നു പോകും വേണ്ടാന്ന് പറഞ്ഞേ അപ്പോഴാണ് ശരി എന്നാൽ പോയി ഉറങ്ങിക്കൊള്ളൂന്ന് തോന്നുന്നു എന്നിട്ട് അടുത്ത ദിവസം പറഞ്ഞു നീ ഇത് മനസ്സിലാക്കലാണെന്ന് എൻ്റെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞു എന്നിട്ട് നിന്നെ ഉറക്കത്തിൽ ഞാൻ എഴുന്നേൽപ്പിച്ചപ്പോ എനിക്ക് വേണ്ട നീ പറഞ്ഞതെൻ്റെ അദ്ദേഹം പറഞ്ഞു അറിയാൻ വയ്യ ഒന്ന് മനനം ചെയ്ത് നോക്കൂ പറഞ്ഞു കൊടുക്കാൻ പാടില്ലാന്നാണ് എന്തുകൊണ്ടാ നീ എനിക്ക് വേണ്ട എന്ന് ഇത്രയധികം നീ ആശിച്ച വസ്തു നിനക്ക കൊണ്ടു തന്നപ്പോ വേണ്ടാന്ന് പറയാൻ കാരണം എന്താ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 യഥാ പഞ്ചാവതിഷ്ഠന് മനസാസഹ ബുദ്ധിശ്ശന വിചേഷ്ടഹു പരമാ ബുദ്ധി അറിയുന്നു എന്നും പറയും അറിഞ്ഞില്ല എന്നും പറയും രണ്ടു ബുദ്ധി എനിക്ക് ലോകവിഷയങ്ങളൊക്കെ അറിഞ്ഞു എന്ന് പറയണതും ആത്മാവിനെ അറിഞ്ഞു എന്ന് പറയണതും ആത്മാവിനെ അറിഞ്ഞില്ല എന്ന് പറയണതും ആവരണമാണ് കാരണം അറിഞ്ഞില്ല എന്ന് ആര് പറയണു ഈ മൈക്കു പറയില്ലോ മൂന്ന് ദിവസം ആത്മോപദേശ ശതകം കേട്ടു എനിക്കൊന്നും അറിഞ്ഞില്ല എന്ന് അത് പറയില്ല അറിഞ്ഞും പറയില്ല നമ്മളാണ് എനിക്ക് മനസ്സിലായി എന്നും മനസ്സിലായില്ലെന്നും പറയുന്നത് രണ്ടും രണ്ടും പറയണമെങ്കിൽ സാക്ഷിയായ അറിവ് ജ്ഞപ്തി അവബോധം അവിടെ ആ അവബോധം ജാഗ്രത നമുക്ക് അതിന്റെ സ്വരൂപം വെളിവാകുന്നില്ല സുഷുപ്തിയിലും വെളിവാകുന്നില്ല എങ്കിലും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 ഞാനുണ്ട് ഇത്തിരി വൈകിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഈ വ്യക്തിയായ ഞാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനാണ് ഇത്തിരി നിന്നത് എന്നുവെച്ചാൽ ഈ വ്യക്തിത്വം അവിടെ ഇല്ല അപ്പൊ ചിലരൊക്കെ ഉറക്കത്തില് നിങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോന്ന് പറയും എന്നാ നിങ്ങൾ മരിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ലല്ലോ ഞാൻ ഉണ്ടായിരുന്നു സുഖമായിരുന്നു അപ്പൊ രണ്ട് ഞാനിനെ കൽപ്പിക്കേണ്ടി വരുന്നു ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഒന്ന് अभिमाप अहंकार रूपसनिटी रूप या गुरी अहम अहमेंट लक्ष्यार्थम वास्तव पूर्णता बोधम പ്രജ്ഞാനം അത് സ്വതയഴിയാതെ അതൊരിക്കലും അതിന് യാതൊരു മാറ്റവും വരണില്ല അത് എപ്പോഴും തന്റെ സ്വഭാവത്തിനൊരു മാറ്റവും കൂടാതെ പൂർണത്വത്തിന് ഒരു കുറവും കൂടാതെ എപ്പോഴും പ്രകാശിക്കുന്നു എന്നുവച്ചാൽ ഇപ്പൊ ഇവിടെ പ്രകാശിക്കണമെന്നർത്ഥം े अदावाम पावी आवा पे आरीरमल जाति कुलगोत्र गुणदोषवर्जिमेश ब्रह्मतत्वसी भावात्मनि युद्ध सकलवाग गोचर गोचर विमलबोध चक्षुष ശുദ്ധ ചിദ്ഘനം അനാധിവസ്തു യത് ബ്രഹ്മ തത്വമസി ഭാവയാത്മനി ഷഡ്ഭിർ ഊർമിഭിർ അയോഗി യോഗി ഹൃദ്ഭാവിതം നരണൈർവിഭാവിതം ബുദ്ധി അവേദ്യം അനവദ്യം അസ്തിയത് ബ്രഹ്മ തത്വമസി ഭാവയാത്മനി ബ്രഹ്മമാണ് ഈ ശരീരമോ മനസോ ജാതി വർണ്ണം ആശ്രമം സാമൂഹികമായ വ്യക്തിത്വം ഇതൊന്നും എന്റെ സ്വരൂപല്ല ഇതൊക്കെ വ്യവഹാരത്തിൽ ലോകത്തിൽ കാണപ്പെടുന്നതാണ് ഇതൊന്നും എൻ്റെ അല്ല നീ ആരാണെന്ന് അന്വേഷിച്ചു നോക്കും നമുക്കും അകമയ്ക്ക് ആരാഞ്ഞു നോക്കുമ്പോ ഞാൻ എന്താണ് ഞാൻ എന്നുള്ള അനുഭവം എന്താണ് ഞാൻ ഞാൻ എന്ന് പറയണല്ലോ എന്ന് അന്വേഷിക്കുമ്പോ ഈ ഞാൻ എന്നുള്ള അഹങ്കാരം ശരീരം മനസ്സ് ബുദ്ധി ഇതിൻ്റെ പിടിയിൽ നിന്ന് വിമുക്തമാകും തോറും ശുദ്ധ ചിത് ശക്തിയായിട്ട്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 ികൾ പറയുന്നു അതിനെ തന്നെയാണ് യോഗികൾ കുണ്ടലിനീ ശക്തി എന്നൊക്കെ പറയണത് ഈ വ്യക്തിത്വം തന്നെ അതിൻ്റെ മൂലത്തിലേക്ക് അതായത് ജഡത്തിന്റെ പിടിയിൽ നിന്ന് വിമുക്തമാകും തോറും അത് ചൈതന്യത്തിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങും അത് ശാന്തിയായും ആനന്ദമായും ശക്തി എന്ന് പറയുന്നത് ശക്തി കാണിച്ചു തുടങ്ങും അതായത് ആ ശക്തി അതിലുള്ള പതുക്കെ പതുക്കെ ഉള്ള അതിൻ്റെ ഒരു കളങ്കം നീങ്ങുകയും അതിപ്പോഴും കളങ്കപ്പെട്ടതല്ല പക്ഷെ കളങ്കപ്പെട്ടതായി തോന്നാൻ കാരണം ഒരു സ്ഫടികത്തിന്റെ മുമ്പിൽ ചെമ്പരത്തിപ്പൂവ് വെച്ചാൽ സ്ഫടികം ചുവപ്പായി കാണപ്പെടുന്ന പോലെ ഈ ഞാൻ എന്നുള്ള അഭിമാനത്തിലെ ശരീരം മനസ്സും ബുദ്ധിയും ഒക്കെ ഈ അഭിമാനത്തിൽ അതൊക്കെ കാണപ്പെടുന്നു പക്ഷെ ഈ അഭിമാനത്തിനെ ആരായി ഞോക്കുമ്പോൾ ഈ അഭിമാനം എന്താണ് ഞാൻ എന്താണ് ഞാൻ ഞാൻ ഒന്ന് പറയണ്ടല്ലോ രണ്ടുപേര് ശണ്ട കൂടുമ്പോഴും നോക്കാം